നാലാമത്തെ അധ്യായത്തിലെ ഭഗവാൻ ഈ യജ്ഞങ്ങളെക്കുറിച്ച് പറയുകയാണ് നാലാമത്തെ അധ്യയത്തിന് വിളിക്കുക ജ്ഞാനകർമ്മസന്യാസം എന്നാണ് ജ്ഞാന കർമ്മസന്യാസം ഇപ്പൊ നാലാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നത് പലവിധ യജ്ഞങ്ങളുണ്ട് ഈ യജ്ഞത്തിന്റെ ഒരു സംസ്കാരം അത് ഭഗവാൻ നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരും ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു സഹകരണവും ഒരു സമർപ്പണവും ഒരു വിതരണവുമുണ്ട് എന്തൊക്കെയാണ് ഒരു വിതരണം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നോക്കൂ പ്രകൃതിയിലേക്ക് ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു നമുക്ക് ഓക്സിജൻ വിതരണം ചെയ്യും ഒന്ന് സ്വീകരിക്കുന്നുണ്ട് മറ്റൊന്ന് വിതരണം ചെയ്യപ്പെടുന്നു അപ്പൊ ആദ്യം സ്വീകരിക്കുന്നു അതിനെ ഉൾക്കൊള്ളുന്നു പിന്നെ അവർ വിതരണത്തിനും ഇതുപോലെ പ്രകൃതിയിൽ എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതം തന്നെ അച്ഛന്റെ ബീജം അമ്മയിലേക്ക് സമർപ്പിക്കപ്പെട്ടു അതവിടെ സ്വീകരിക്കപ്പെട്ടു എന്നിട്ട് ഒരു കുഞ്ഞിന് ജന്മം പുറത്തേക്ക് ഒരു ജന്മവും കൊടുത്തു ഇപ്പൊ ഒരു സഹകരണം ഒരു സമർപ്പണം ഒരു വിതരണം സഹകരണം സമർപ്പണം വിതരണം ഇതാണ് പ്രകൃതിയുടെ നിയമം ഈ നിയമം ഇതൊരു ചക്രത്തിലങ്ങനെ പോവാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു നിങ്ങൾ അതിനോട് സഹകരിക്കുന്നു അത് ഭക്ഷണം നിങ്ങളോട് സഹകരിക്കണം നിങ്ങൾ ഉള്ളിലേക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് സമർപ്പിക്കുന്നു അതവിടെ സ്വീകരിക്കപ്പെട്ട് അതിനെ എനർജിയാക്കി മാറ്റി അതെല്ലായിടത്തേക്കും വിതരണം ചെയ്യുന്നു നമ്മുടെ സ്വഭാവം ഭഗവാൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമുക്ക് ഈ എടുത്തു വയ്ക്കുന്ന സ്വഭാവമുള്ളതുപോലെ ഭഗവാനും എല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് എടുത്തു വച്ചിരുന്നുവെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൻ്റെ ഒരു അവയവത്തിലേക്ക് മാത്രം കൊടുത്തിരുന്നുവെങ്കിൽ നമ്മുടെ പാർഷ്യാലിറ്റി എങ്ങാനും ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ രൂപം എങ്ങനെയാവുമോ എങ്ങനെയായിരിക്കും എന്നറിയോ ഒരു കാലിനും ഒരു കാലിന് ചില ആളുകൾക്ക് മന്ത് പിടിച്ച കാലുകൊ നിങ്ങൾ എന്താ പറയുന്നത് ഈ എലഫന്റ് ലെഗ് എന്ന് പറയും ഒരു കാല പോളിയും ഒരു കാല എലഫന്റ് ലെഗും എങ്ങനെയുണ്ടായിരിക്കും വേണ്ട നടത്തം കണ്ടുണ്ട് ഈ എലഫന്റ് ലെഗ് വലിയ കാലുള്ള ആളുകൾ കണ്ടുണ്ടോ ഇപ്പൊ കാണപ്പോ കുറവാണ് പണ്ടൊക്കെ കൂടുതൽ കാണാറുണ്ടായിരുന്നു ഇപ്പോഴുണ്ട് കൊച്ചിയിലച്ചിക്കാർ കേൾക്കണ്ട നിങ്ങളെ ഇങ്ങനെ സ്ഥലമുണ്ട് ആ ചേർത്തല ഭാഗങ്ങളിലൊക്കെ ചേർത്തലക്കാരും ഇല്ലല്ലോ ഇവിടെ പെല്ലിയ അവരൊക്കെ കുരുക്ഷേത്രയിൽ പോയത്രേ അപ്പോ ഒരു കാലിന് മന്തും ഒരു കാലിന് പോളിയും ബാധിച്ചാൽ എങ്ങനെ ഇരിക്കും ഒരാളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ ഇതുപോലെ തുല്യ വിതരണം നടന്നിട്ടില്ലെങ്കിൽ ഒരു ഇംബാലൻസ് ഉണ്ടാവും അതുകൊണ്ട് നമ്മളോട് പറയുന്ന മന നമ്മുടെ മനസ്സിനെ നമ്മൾ തുല്യമായി വിതരണം ചെയ്യപ്പെടണം മനസ്സും നമ്മൾ വിതരണം ചെയ്യണമെന്ന് അതായത് മനസ്സും തുല്യമായി വിതരണം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താർത്ഥം ലൗകികമായ കാര്യങ്ങളിൽ മാത്രം അമിതമായി നമ്മൾ പ്രാധാന്യം കൊടുത്തു പോകരുത് എത്ര കണ്ട് നമ്മൾ ലൗകികതയിലേക്ക് മനസ്സ് തിരിക്കുന്നുണ്ടോ അത്രയും അതിനെ നമ്മൾ അപ്പോഴേ മനസ്സിനൊരു ബാലൻസ് വരുള്ളൂ ഇന്ന് നമ്മുടെ ജീവിതം വളരെ ടെൻഷനൊക്കെ ഉള്ളതായി തീരാൻ കാരണം എന്താണെന്നറിയോ നമ്മളതിനെ ഇംബാലൻസാക്കി മാറ്റി ഒരു കിലോ സാധനം നിങ്ങൾ മേടിക്കുമ്പോ തുലാസിൻ ഒരു കിലോയുടെ കട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്രയും തൂക്കമുള്ള സാധനം ഓപ്പോസിറ്റ് സൈഡിൽ വെക്കണമെന്നാണ് അല്ലെ എന്നാൽ അതിന് പകരം അഞ്ഞൂറ് ഗ്രാമാണ് വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ നല്ല കാര്യം അപ്പോ അഞ്ഞൂറ് ഗ്രാം വെച്ചാൽ സമ്മതിക്കില്ല അതിന് ഒരു കിലോ തന്നെ വയ്ക്കണം പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്നറിയോ ലൗകിക കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നത്ര അതിന് ആധ്യാത്മിക കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നു ഇംബാലൻസ് ആയിപ്പോയി കാരണം ഒന്നാമത് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ അതിനെക്കുറിച്ച് പണ്ടൊരാൾ രാജാവിന്റെ അടുത്ത് പരാതി പറഞ്ഞു എന്താ പരാതിച്ചാൽ ഇയാൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ തൂക്കം കുറവ് രാജാവ് ഈ കടക്കാരൻ ചെയ്യുന്നതൊന്ന് ശരിയാണ് കള്ളനാണ് തട്ടിപ്പുകാരനാണ് വെട്ടിപ്പുകാരനാണ് ഇയാൾ ആളുകളെ പറ്റിക്കണോ കാരണം ഞാൻ ഒരു കിലോ സാധനം ചോദിച്ചിട്ട് നെയ്യ് ചോദിച്ചിട്ടയാൾ എനിക്ക് എഴുന്നൂറ്റി അൻപത് ഗ്രാമേ തന്നു ഗ്രാം അത് ചോദിച്ചിട്ട് അയാൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമേ തന്നു ഇങ്ങനെ എല്ലാ കാര്യത്തിലും എന്നെ അയാൾ പറ്റിക്കണോ രാജാവിന്റെ ബുദ്ധി ആർക്കൂഹിക്കാൻ പറ്റും സാധനം രാജാവ് എന്താ പറഞ്ഞത് ചില കുട്ടികളുണ്ടല്ലോ എങ്ങനത്തെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു റിഡിൽസ് റിഡിൽസ് ചോദിക്കാറില്ലേ അടുത്ത കാലത്ത് കുട്ടി എന്നോട് ചോദിച്ചാണ് സ്വാമി അഹങ്കാരോ റേഡിയോ നമ്മളുടെ വ്യത്യാസം എന്താണോ റേഡിയോ റേഡിയോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഹങ്കാരം ആൻഡ് റേഡിയോ അവൻ സിക്സ്ലോ സെവൻത്തിലോ പഠിക്കുന്ന കുട്ടിയാണ് അത്രയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല വളരെ ലളിതാണ് ഞാനും നിങ്ങളെപ്പോലെ പൊട്ടന്മാരെ പോലും ചിന്തിച്ചു അവൻ പറഞ്ഞു സ്വാമി ഡോണ്ട് തിങ്ക് ദാറ്റ് മച്ച് എന്ന് അത്രയൊന്നും ചിന്തിക്കേണ്ടതില്ല ചോദിച്ചെന്തു എന്താ കുട്ടാന്ന് വെച്ചു അവൻ പറഞ്ഞു ഇത്രയാണ് വ്യത്യാസം റേഡിയോ പാടും അഹങ്കാരം പാടില്ല ോ പാടും ഇത്രയുള്ള കാര്യം നിങ്ങൾ ഇത്ര വെറുതെ ചിന്തിച്ച് കളയുന്നില്ല സമയം ഇതുപോലെ രാജാവ് ഉടനെ കടക്കാരനെ വിളിച്ചു താനെന്താ ഇത്ര കുറച്ച് സാധനം കൊടുക്കുന്നത് ഉടനെ അയാൾ പറഞ്ഞ രാജൻ ഞാൻ ഇയാൾക്ക് സാധനങ്ങൾ കൊടുക്കുന്നത് എന്റെ കടയിലുള്ള തൂക്കക്കട്ടികൾ വെച്ചിട്ടല്ല പിന്നെന്ത് വെച്ചിട്ടാണ് ഇയാൾ എനിക്ക് ഇയാളുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരും കടയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇയാൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഞാൻ തൂക്കക്കട്ടിയായിട്ട് വച്ച് അയാൾ എത്രയാണോ കൊണ്ടുവന്നിരിക്കുന്നത് അതാ ഞാൻ കൊടുക്കാറ് അപ്പൊ കുറ്റവാളി ആരാണ് ഈ അതാണ് എന്റെ സ്വഭാവം ഇതുപോലെ നമുക്ക് തോന്നുന്നു ഈശ്വരൻ നമ്മളോട് അനുകമ്പ കാണിക്കുന്നില്ല ഈശ്വരന്മാർ മാർക്കൊന്നും നമ്മളോടൊന്നും പ്രീതിയില്ല ഞാൻ എത്ര വഴിപാട് ചെയ്തു തന്നിട്ട് എന്താ ഗുരുവായപ്പ എന്റെ നേരെ മാത്രം കണ്ണു തുറക്കാത്തത് ഭഗവാൻ പറയും ഞാൻ എല്ലാവരുടെ നേരെ ഒരേ കണ്ണേ ഉള്ളൂ എനിക്ക് അപ്പൊ നമ്മൾ ഭഗവാനോട് ഇങ്ങനെ പരാതി പറയുന്ന സമയത്ത് നാം അറിയുന്നില്ല നമ്മുടെ മനസ്സ് ഒരിടത്ത് ഒരിടത്ത് കുരുങ്ങിക്കിടക്കുകയാണ് അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അതിന് സ സമബുദ്ധി കൈവരുത്തണമെങ്കിൽ എന്ത് വേണം നാം വിതരണം ചെയ്യാൻ പഠിക്കണം എന്താ വിതരണം ചെയ്യേണ്ടത് ശ്രദ്ധിക്കണേ വിതരണം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തൊരർത്ഥം വിതരണം ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ പങ്കുവയ്ക്കാനുള്ള മനസ്സ് ഈ പങ്കുവെക്കും തോറും നമുക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് മനസ്സ് എന്ത് കൊടുത്തു വെച്ചിട്ടുണ്ടോ അത് മനസ്സിന് തിരിച്ചു അത് ഈ ശരീരത്തിന് അറിയില്ലേ ടെക്നിക്ക് ശരീരത്തിന്റെ വിചാരം ചെയ്തു വെച്ചാൽ പിന്നെ കിട്ടുമെന്നുള്ള പോയത് പോയില്ലേ എന്നുള്ള അങ്ങനെ നമ്മുടെ ശരീരം എപ്പോഴും നമ്മളോട് പറയും കൊടുക്കരുത് കൊടുക്കരുത് കാരണം കൊടുത്താൽ ഇതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ ചിലരുണ്ട് കൊടുക്കുമ്പോൾ വിചാരിക്കും മക്കൾക്കെങ്കിലും കിട്ടിക്കോട്ടെ അതായത് എനിക്ക് കിട്ടാൻ പോകുന്നില്ല ഞാൻ ചെയ്തതിന്റെ സുഹൃതം ആർക്ക് പോട്ടെ മക്കൾക്കൊന്നുമല്ല പോകുന്നത് നിങ്ങൾ ചെയ്യുന്നതിന്റെ സുഹൃതം നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരണം ഈ ജന്മം നമുക്ക് വന്നോളന്നില്ല അതുകൊണ്ടാണ് ചില ആളുകളെ സഹായിക്കാൻ നൂറ് ആളുകളുണ്ടാവുക ചില ആളുകളെ തിരിഞ്ഞു നോക്കാൻ പോലും ആളുകളില്ല എന്തുകൊണ്ടാണ് ചിലർ തിരിഞ്ഞു നോക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് കിട്ടാനുള്ള അർഹത ചിലർക്കുണ്ടല്ലോ ചില നമുക്ക് കാണാം വലിയ കോടീശ്വരന്മാരുടെ വീട്ടിൽ അവര് താമസിക്കില്ല ജോലിക്കാരെ സ്വകായിട്ട് അടിച്ചുപിടിച്ച് ജീവിക്കും ഇവര് വല്ല എസ്റ്റേറ്റിലോ അവിടെ ഇവിടെയൊക്കെ പോയി താമസിക്കും ഞാനൊരു വലിയൊരു കൊടീശ്വരന്റെ വീട്ടിൽ കൊണ്ടുപോയി തന്നെ അവിടെ ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റാഫുണ്ട് ഈ മനുഷ്യൻ അവിടെ കൊല്ലത്തിൽ ഒരിക്കലേ വരുള്ളൂ ആ വീട്ടിൽ പക്ഷെ വീടൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കി ഓരോ ബെഡ്റൂമൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ രീതിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ ആലോചിച്ചിട്ട് ആളുകളുടെ ഭാഗ്യം മൂന്ന് നാല് കാറും വെച്ചിട്ടുണ്ട് ഇവർക്ക് എവിടെ വേണമെങ്കിലും പോവാം സിനിമയ്ക്ക് പോവാം എന്ത് വേണമെങ്കിൽ പോവാം കണക്കൊക്കെ തയ്യാറാക്കണം പിന്നെ ഇടയ്ക്ക് വരുന്ന ഗസ്റ്റിനെ ഒന്ന് നോക്കണം അത്രയും വേണ്ടൂ അധിക ഗസ്റ്റുകൾ ഹോട്ടലിൽ പോയിക്കോളൂ അപ്പൊ നോക്കൂ ഇവരുടെയൊക്കെ ജീവിതം നമ്മൾ എന്താ നിങ്ങൾക്ക് ഉത്തരം പറയാ വലിയ റിച്ച് ആയിട്ട് ജീവി ജനിക്കാനുള്ള യോഗ്യത അല്ലെങ്കിലും റിച്ച് കാരന്റെ എല്ലാ തരത്തിലുള്ള അനുഭവവും അനുഭവിക്കാനൊരു യോഗം അവർക്ക് എവിടുന്ന് വന്നു ഈ യോഗം എവിടുന്ന് വന്നു യോഗം എന്താ അതിന് ഉത്തരം പറയുക നമ്മൾ ഈ ജന്മം അവൻ ചെയ്ത് എവിടെയോ കൊടുത്തു വെക്കുന്നത് തിരിച്ച് വന്നിരിക്കണം അപ്പൊ നാം കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു വരുന്നത് എന്ന ഒരു ഒരു ബുദ്ധി നമുക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ കൊടുക്കാനുള്ള മനസ്സിനെ നമ്മള് വികസിപ്പിക്കണം ഭാരതീയ ഋഷീശ്വരന്മാര് നമ്മളോട് പറയുന്നത് അതാണ് ഭാരതത്തിൽ ദാന വന്നത് അല്ലേ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ വേറൊരു മതത്തിലും നിനക്ക് ദാന ഉണ്ടോ അന്നദാനങ്ങളും അതുപോലുള്ള സാധനങ്ങളും ഒക്കെ ഇന്ത്യയിലേ ഉള്ളൂ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളിലൊക്കെ അന്നദാനം ഉണ്ടോ എത്ര നമ്മുടെ സംസ്കാരം നോക്കൂ നിങ്ങൾ അപ്പൊ ഇത്ര ഉന്നതമായൊരു സംസ്കാരം വരാൻ കാരണം ഋഷീശ്വരന്മാര് മനസ്സിലാക്കിയിരിക്കുന്നു കൊടുത്തു വെച്ചതെല്ലാം ഏ തിരിച്ചു വന്നിരിക്കുന്നു എല്ലാ മതത്തിലും ഉള്ളതേ വാസ്തവത്തിൽ നമ്മുടെ മതത്തിൽ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു സമ്പ്രദായമുണ്ട് ഈ നോമ്പിനിടക്ക് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അവർക്ക് കുറേയും കൂടി നമ്മളെക്കാളും ഇൻട്രസ്റ്റ് ഇല്ലാതെയൊക്കെ കൊടുക്കണം എന്നൊക്കെയാണ് ഈ ധാന സംസ്കാരം അവർക്കും ഉണ്ട് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ അവർക്കും ഉണ്ട് അവരാണ് കുറേം കൂടി സർവീസ് ആയി ചെയ്യുന്ന ആളുകൾ സ്വന്തം സുഖങ്ങൾ മാറ്റിവെച്ച് നഴ്സുമാർ എത്ര പേരാണ് അവരുടെ ഇടയിൽ ഇന്നലെ നേഴ്സുമാർക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് പണ്ട് തുച്ഛം കാശിന് വേണ്ടിയിട്ട് അവര് നഴ്സിംഗ് പണി ചെയ്യുമായിരുന്നു അപ്പൊ സേവനത്തിലൂടെ പങ്കുവെക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് സ്വാർത്ഥതയിൽ നിന്നും ഉയർത്താം എന്ന് കണ്ടെത്തി അപ്പൊ മനുഷ്യ മനസ്സിന്റെ വികാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇവിടെ മാത്രമാണ് ജീവിതം എന്നുള്ള ചിന്ത ഇവിടെ മാത്രമാണ് എനിക്ക് ജീവിതമുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നും നമ്മൾ പുറത്തു ഇവിടെ മാത്രമല്ല എനിക്ക് ജീവിതം ഇനിയും ശരീരങ്ങൾ എടുക്കേണ്ടി വരാം ഇതൊരു യാത്രയാണ് ഇതിനു മുമ്പും ഞാൻ യാത്ര ചെയ്തിരുന്നു ഇനിയും നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു മുറി തന്നിരിക്കുന്നു ഈ മുറി നിങ്ങൾ നിങ്ങളുടെ വീട് സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ചു വയ്ക്കോ യാത്ര നന്നായിരുന്നു സൂക്ഷിച്ചു വയ്ക്കോ നിങ്ങളുടെ വീടിനോട് കാണിക്കുന്ന സമീപനം ഇവിടുത്തെ മുറിയോട് നിങ്ങൾ കാണിക്കോ നിങ്ങളെന്തിനാണ് അടുത്താളെ നോക്കുന്നത് നിങ്ങളെ സ്വന്തം വീടിനോട് കാണിക്കുന്ന സമീപനം നിങ്ങൾ ഈ മുറിയോട് കാണിക്കോ നൂറ് ശതമാനം കാണിക്കില്ല എന്തുകൊണ്ട് കാണിക്കില്ല കാരണം നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് പോവേണ്ടതാണ് ഇത് നല്ലവണ്ണം നമുക്ക് ബോധ്യമായാൽ ഇനിയും നമുക്ക് യാത്രയുണ്ട് ശരീരങ്ങൾ എടുക്കേണ്ടതുണ്ട് ആ ശരീരങ്ങളിലൊക്കെ നമുക്ക് ഇനിയും മറ്റുള്ളവർ നമ്മളോട് സഹകരിക്കേണ്ടതുണ്ട് മറ്റുള്ളവർ നമ്മളോട് പങ്കുവയ്ക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ നമുക്കൊരു ചിന്തനം വന്നു കഴിഞ്ഞാൽ നമ്മൾ പങ്കുവെക്കാൻ ഒരിക്കലും മറക്കരുത് എവിടെയൊക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ടോ ഈ പങ്കുവയ്ക്കാൻ നമുക്കൊരു തോന്നണം അതുകൊണ്ട് ഋഷീശ്വരന്മാര് നമ്മളോട് പറയുമേ ഇല്ല എന്ന് പറയരുത് നമ്മുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവാൻ പാടില്ലാത്തൊരു വാക്കാണ് എന്ത് ഇല്ല അതില്ല എന്ന് പറയരുത് നോക്കാം ഉള്ളതിനെ നമ്മൾ പങ്കുവയ്ക്കാൻ നോക്കാം പഴയ കാലഘട്ടത്തിലെ സംസ്കാരങ്ങളൊക്കെ എത്ര ഗംഭീരമായിരുന്നു വീട്ടിൽ അതിഥി വന്നാൽ അതിഥി ദൈവോ ഭവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കഴിച്ചിട്ടല്ല അൾക്ക് കൊടുക്കുന്നത് ആദ്യം അതിഥിക്ക് കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ ആദ്യം പങ്കുവെച്ച് സ്വീകരിക്കുന്ന സംസ്കാരം എനിക്ക് തോന്നുന്നു അത്ര ഗംഭീരമായൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ ഇന്ന് നോക്കൂ നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്കൊക്കെ നോക്കൂ നിങ്ങൾ ആ പങ്കുവെക്കുന്ന സംസ്കാരം വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞെടുത്തു വെക്കാനുള്ള പ്രവണത കൂടിക്കൂടി വരിക ഇന്ന് പേപ്പറിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അടിച്ചു പൊളിച്ച് ജീവിക്കുക ലാവിഷായി ചെലവഴിക്കുക അവനവന്റെ സുഖം ഈ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ മുഴുവൻ അനുഭവിച്ചു തീർക്കുക എന്തിനും മറ്റുള്ളവർക്ക് പങ്കുവെക്കണം അവൻ അറിയുന്നില്ല അവന്റെ ജീവിതം അവൻ ഉയർത്തിയല്ല ചെയ്യുന്നത് അവന്റെ ജീവിതം അവൻ താഴ്ത്തുകയാണ് ഈ മനസ്സുണ്ടല്ലോ സ്വാർത്ഥത കൂടുന്തോറും മൃഗസംസ്കാരങ്ങളിലേക്ക് പോകണം നമ്മൾ മൃഗസംസ്കാരമാണ് വളർത്തുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പുരാണങ്ങളില് സ്വാർത്ഥതയുടെ പ്രതീകമായി ഹിരണ്യാക്ഷൻ ഹിരണ്യകശു അസുരന്മാരെയൊക്കെ പറയുന്നത് ഈ അസുര എന്നുള്ള ശബ്ദത്തിനർത്ഥം എന്നറിയോ അസുരെന്ന് പറഞ്ഞാൽ സുരെന്ന് പറഞ്ഞാൽ പങ്കുവെക്കാൻ മനസ്സുള്ളവരെന്നാണ് അപ്പൊ അസുരൻ എന്ന് പറഞ്ഞാലോ ഓപ്പോസിറ്റ് അർത്ഥം മനസ്സിലാവില്ലേ പങ്കുവെക്കാൻ മനസ്സില്ലാത്തവർ ആ ഒരു മനസ്സിനെ നമ്മൾ മാറ്റിയെടുത്ത് പങ്കുവെക്കാനുള്ളൊരു മനസ്സ് നമ്മൾ വികസിപ്പിക്കണം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഒരു ചോദ്യം വരികയാണ് ഇതൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ് വേണ്ടതെന്ന് അതുകൊണ്ട് നാലാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നു ആത്മീയമായൊരു ജ്ഞാന അറിവിലൂടെ മാത്രമേ സഹകരിക്കാനും സമർപ്പിക്കാനും പങ്കുവയ്ക്കാനും സാധിക്കുകയുള്ളൂ ഇതിനെയാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പങ്കുവെക്കേണ്ടത് സമ്പത്ത് പങ്കുവെക്കണം പിന്നീട് അറിവിനെ പങ്കുവെക്കണം അറിവിനെ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും നാം അറിവിലേക്ക് വികസിക്കാൻ തുടങ്ങണം അപ്പൊ അതുകൊണ്ട് ഭാരതീഷി ഭാരതത്തില് നമുക്ക് ഈ ഇത് കാണാലോ വിജയദശമി ദിവസം അക്ഷരാഭ്യാസം കുറിച്ചുകൊണ്ട് അറിവിനെ ഗുരു പങ്കുവെക്കുന്ന ഒരു സംസ്കാരം അതൊക്കെ ഭാരതത്തിലേ ഉണ്ടായിട്ടുള്ളൂ പിന്നീടാണ് മറ്റുള്ള മതസ്ഥരൊക്കെ അത് സ്വീകരിച്ചിരിക്കുന്നത് നമ്മളെപ്പോലെ ഗുരുകുല വിദ്യാഭ്യാസ സംസ്കാരമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല തനിക്കറിയുന്ന അറിവെല്ലാം എടുത്തുവയ്ക്കാതെ തന്റെ സ്വാർത്ഥതയ്ക്ക് മാത്രം ഉപയോഗിക്കാതെ അത് പങ്കുവെക്കുന്ന ഒരു സംസ്കാരമാണ് ഇത് നമ്മൾ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ പങ്കുവെക്കും തോറും കൊടുക്കും തോറും നമുക്കിങ്ങനെ കിട്ടാൻ തുടങ്ങും വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇതിനെ ഭഗവാൻ വിളിക്കുന്ന പേരാണ് ജ്ഞാനയജ്ഞം എന്നത് ജ്ഞാനം ദ്രവ്യയജ്ഞമുണ്ട് അത് കഴിഞ്ഞാൽ ജ്ഞാനയജ്ഞമുണ്ട് ദ്രവ്യയജ്ഞം എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ പങ്കുവയ്ക്കുക ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ പങ്കുവയ്ക്കുക അറിവിനെ പങ്കുവയ്ക്കുക ഇങ്ങനെ നമുക്ക് തോന്നുന്നു ഈ സംസ്കാരത്തിന് ചുതി സംഭവിച്ചതുകൊണ്ടായിരിക്കണം ഹിന്ദു സംസ്കാരം തളർന്നുപോയത് വാസ്തവത്തിൽ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സംസ്കാരം റിലീജിയനാണ് ഏത് ഇസ്ലാം സംസ്കാരം ഏത് സംസ്കാരമാണ് ആദ്യത്തെ സംസ്കാരം ഭാരതത്തിലെ സംസ്കാരം അതിനുശേഷമാണ് ബുദ്ധമതം വരുന്നത് ജൈനമതം വരുന്നത് പിന്നീടാണ് ക്രിസ്തു മതം വരുന്നത് അതിനുശേഷമാണ് ഇസ്ലാം മതം വരുന്നത് നോക്കൂ ആ റിലീജിയന്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളെക്കാളും എത്രയോ പുറകിൽ വന്ന റിലീജിയനാണ് പിൽക്കാലത്ത് കൂടുതൽ പ്രചാരം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ ഒന്നുകൂടി നമ്മൾ നോക്കുമ്പോണ്ടല്ലോ ഇത്ര ശാസ്ത്രീയമായൊരു സംസ്കാരം വേറെ ഇല്ലയതാണ് ഇത്ര സ്വാതന്ത്ര്യം തരുന്ന ഒരു സംസ്കാരം ഉണ്ടോ നിങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് ബൈബിളിന് പുതിയ വ്യാഖ്യാനം കണ്ടെത്താൻ സാധ്യല്ല സമ്മതിക്കില്ല അവര് പറഞ്ഞു തന്നെ ആവർത്തിക്കണം ഒരേ രീതിയിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എന്നാൽ നിങ്ങൾ കിടന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല അവർ ഹിന്ദുക്കളുടെ ഇടയിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഇല്ലേ വേണമെങ്കിൽ ഇവിടെ വച്ച് കൈവെച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം ഗുരുവായും കണ്ടിട്ടില്ലേ നിങ്ങൾ തിരക്ക് വരുമ്പോ അവനവന്റെ തലയിൽ ആവത്തി മറ്റുള്ളവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം എന്തെല്ലാം എന്തെല്ലാം പണ്ടുകാലത്ത് ഏത്തടുന്നതൊക്കെ കണ്ടിട്ടില്ലേ ക്രോസ് ചെയ്തിട്ടൊക്കെ ആളുകൾ ഏത്തടുകയായിരുന്നു ഇപ്പൊ നോക്കുക ഏത്തടുന്നത് എത്ര മാറ്റിയവരും ആളുകൾ മൂന്ന് മുട്ടൽ കഴിഞ്ഞു തല മാത്രം ഈ ബൊമ്മ വയ്ക്കില്ലേ ആ ബൊമ്മയുടെ തല മാത്രം കുലുങ്ങുന്നത് പോലെ മൂന്ന് കുലുക്കം കൊണ്ട് കഴിഞ്ഞു ഏത്തടൽ കഴിഞ്ഞു നോക്കൂ ഇത്രയൊക്കെ നമുക്ക് സോഫസ്റ്റിക്കേറ്റഡ് റിലീജിയനാണ് ഏത് ഹിന്ദു റിലീജിയൻ കുളിക്കണമെന്ന് നിർബന്ധമില്ല അമ്പലത്തിൽ പോണം നിർബന്ധമില്ല മറ്റവർക്കാണെങ്കിൽ പള്ളിയിൽ പോയിട്ടില്ലേ തല കാണില്ല ശവം വെക്കാൻ പറ്റില്ല കേരളത്തിലൊക്കെ കാണുന്നില്ലേ നിങ്ങൾ പള്ളിയിൽ പോവാത്തവരുടെ ശവം പോലും അവരെടുക്കാറില്ല ഇപ്പൊ ഇങ്ങനെ നമ്മളെ റിലീജിയൻ എത്രയോ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നു എത്രയോ സ്വാതന്ത്ര്യമുള്ള റിലീജിയൻ എത്രയോ സയന്റിഫിക് ആയിട്ടുള്ള റിലീജിയൻ എന്നിട്ടും നമ്മുടെ മതത്തിന് വേണ്ടത്ര എന്തുണ്ടായില്ല ആരാ കുഴപ്പക്കാര് ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു കർത്തവ്യം പിന്നെ എന്തായിരിക്കണം ക്രിസ്ത്യാനികൾക്ക് പള്ളിയിലെ പാതിരിമാർ അച്ഛന്മാരുണ്ട് അല്ലേ എത്രയാണ് നണ്ണുകളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണോ അതിന്റെ പ്രചാരത്തിന് വേണ്ടിയിട്ട് അവരുടെ ഓരോ എന്താ പറയുക ചാപ്പലോ പള്ളികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഫാദേഴ്സ് എത്ര ക്രിസ്ത്യൻ നേഴ്സ് നണ്ണുമാര് ഹിന്ദുമതത്തിൽ അത്ര കാണാൻ പറ്റുമോ ഉള്ള സന്യാസിമാരെ നമുക്ക് റോട്ടിൽ കാണാം അഞ്ചിയും മലിച്ച് അവരവന്റെ കാര്യം നോക്കിക്കൊണ്ട് ആ ഒരു മൂലയിൽ കിടക്കവര് നിങ്ങൾക്ക് നീന്താ നന്നായാലും കുഴപ്പമില്ല നന്നായില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയൊക്കെയുള്ള റിലീജ്യം അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ സംസ്കാരത്തെ പ്രചരിപ്പിച്ച് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയായിരിക്കണം നമ്മുടെ മാതൃ കാണിക്കാവുന്ന വലിയൊരു ഒരു വലിയൊരു ഒരു നമ്മുടെ സേവനമായിരിക്കണം എത്രയോ മഹാത്മാക്കളാൽ പുഷ്ടിക്കപ്പെട്ട ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം അല്ലെ അവരൊക്കെ കണ്ടെത്തിയ പരമസത്യം അത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് അതിനെ നമ്മള് പ്രചരിപ്പിക്കാൻ അപ്പൊ അതൊരു യജ്ഞമായി തീർന്നു പറയാന് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള യജ്ഞത്തെ വിളിക്കുന്ന പേരാണ് ജ്ഞാനയജ്ഞ നമ്മളിതൊക്കെ നിങ്ങളൊക്കെ കേട്ട് പോയിട്ടുണ്ടല്ലോ കുറച്ചാളുകളെങ്കിലും എന്ത് പഠിപ്പിക്കണം ചൊല്ലാനെങ്കിലും ഗീത പഠിപ്പിക്കുക മനസ്സിലായി ഗീത ചൊല്ലാൻ പറ്റില്ലേ നിക്ക് ഒരു രണ്ടു ദിവസം കൊണ്ടൊക്കെ അതിന്റെ ചൂണൊക്കെ മനസ്സിലാവുന്നില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് നന്നായി മനസ്സിലാക്കി അത് കേട്ടുറപ്പിച്ച് എവിടെയെങ്കിലും ഒരു പത്ത് പേർക്കെങ്കിലും എന്ത് പറഞ്ഞു കൊടുക്കുക ഗീത പറഞ്ഞു കൊടുക്കുക അതൊരു പ്രതിജ്ഞയായിട്ട് നമ്മൾ മനസ്സിൽ വയ്ക്കുക ഞാൻ കുറച്ചു പേർക്കെങ്കിലും ഗീത പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് കേട്ടു പോവരുത് നമ്മള് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ സംസ്കാരത്തിന്റെ വക്താക്കളായി മാറുമ്പോട്ടല്ലോ ഈ സംസ്കാരത്തിനൊരു പ്രചരണം അങ്ങനെ ഇത് പ്രചരിച്ച് പ്രചരിച്ച് എനിക്ക് ഇക്കാര്യത്തിൽ നാരായണീയം പ്രചരിപ്പിച്ച ഈ ഒരു മഹാത്മാവിട്ട് വെങ്കടേശ്വരൻ മാമുക്ക് ബോംബെയിൽ അദ്ദേഹത്തിന്റെ ഒരു സേവന മഹത്തായൊരു സേവനായിരുന്നു സിൻസിയറായി അദ്ദേഹം അത് പ്രചരിപ്പിച്ചതുകൊണ്ട് ഇന്നിപ്പോ എത്ര ആളുകൾക്കാണ് നാരായണീയം അറിയുന്നത് പട്ടതിരിപ്പാട് അത് എഴുതിയെങ്കിലതിന് പ്രചാരം ഒരു ചിട്ടപ്പെടുത്താൻ ഒരാൾ വേണ്ടി വന്നു പറയാന് ഇങ്ങനെ ഓരോന്നും നമ്മുടെ ഋഷീശ്വരന്മാർ കാണിച്ചു തന്നത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോഴേ അത് പ്രചരിക്കപ്പെടുള്ളൂ അപ്പൊ ഇതിന്റെ പേരാണ് ജ്ഞാനയെ അപ്പൊ ഇനി അതിന്റെ സൂക്ഷ്മതയിലേക്ക് നമ്മൾ നോക്കുമ്പോ എന്താണ് ജ്ഞാനം ഈ എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സഹകരണവും അതുപോലെ തന്നെ സ്വീകരണവും ഉണ്ടെങ്കിലും എല്ലാം ഒരു പ്രൊപ്പോഷണേറ്റ് ഒരു അനുവാദത്തിലല്ല വെച്ചിരിക്കുന്നത് ഒരു ഈക്വൽ ലെവലിലല്ല വെച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഒരു തുള്ളി വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ തന്മാത്രയാണുള്ളത് ഇങ്ങനെ നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ എൺപത് നമ്മുടെ ബോഡിയിൽ വെള്ളമാണ് ആണോ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈക്വൽ പ്രൊഫോർഷൻ അല്ല വെച്ചിരിക്കുന്നത് എല്ലാം വ്യത്യസ്ത പ്രൊഫോഷനിലാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്ത അനുപാതത്തിലുള്ള സാധനങ്ങളെ കൂട്ടിച്ചേർത്ത് ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം നമ്മളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു സാധനം എന്തുമാത്രമാണ് ഒരേ ഒരു ചൈതന്യമാണ് നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമല്ലേ നോക്കൂ എല്ലാ ശരീരങ്ങളും വികസിച്ചു വന്നിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അച്ഛന്റെയും അമ്മയുടെയും ബീജത്തിലൂടെയാണ് ഈ ബീജത്തെ ചേർത്ത് വയ്ക്കുന്നത് അഗ്നിയാണ് അതായത് ഗർഭപാത്രത്തിൽ ചൂടില്ലെങ്കിൽ ശരീരത്തിൽ ചൂടില്ലെങ്കിൽ ബീജത്തിനും മണ്ടത്തിനും ഒരിക്കലും കൂടിച്ചേരാൻ സാധ്യമല്ല ബീജവും അണ്ടവും എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ് അപ്പൊ നമ്മളൊക്കെ എവിടെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ജീവൻ എവിടെ ഉണ്ടായിരുന്നു വെള്ളത്തിലുണ്ടായിരുന്നു അതിനെ കൂട്ടിച്ചേർത്തത് അഗ്നിയാണ് ഇനി വെള്ളത്തിന് ബീജമായി തീരാനും അഗ്നി നിലനിർത്താനും ഈ ശരീരത്തിന് സാധിച്ചത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ അപ്പൊ ഇവിടെ എല്ലാറ്റിലും നോക്കിക്കഴിഞ്ഞാൽ വെള്ളവും അഗ്നിയും ചൈതന്യവും എല്ലാറ്റിലും ഉണ്ടോ ഉണ്ടോ എല്ലാ ശരീരത്തിലും ഉണ്ടോ അപ്പൊ നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തരാണോ ഒരേ ഒരു ശക്തിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മൾ മണ്ണുകൊണ്ട് വ്യത്യസ്ത കലങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കലങ്ങളൊക്കെ വ്യത്യസ്ത രൂപങ്ങളാണെങ്കിലും അതിലിരിക്കുന്ന മണ്ണൊരു അപ്പൊ ഇത് മനസ്സിലാക്കിയതുകൊണ്ട് നമുക്ക് എന്താ ഗുണമുള്ളത് ഞാനും നിങ്ങൾ ഒന്നാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചാപ്പാട് കഴിച്ച എന്റെ വയറും അറിയോ എല്ലാവരും ഒന്നാന്ന് പറഞ്ഞിട്ട് ഒരാൾ ഗുളിക മറ്റാളുടെ രോഗം മാറുമോ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഒന്നാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ മനസ്സിനെ സമ്മതിക്കും ഒരാൾക്ക് എത്ര സ്നേഹം തരാൻ സാധിക്കുന്നുണ്ടോ ആ സ്നേഹം തരാൻ അയാൾക്ക് സാധിക്കുന്നതിന് കാരണം അയാളിലിരിക്കുന്നൊരു ചൈതന്യമുള്ളതുകൊണ്ടാണെങ്കിൽ അതേ ചൈതന്യം എന്നിലുണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളിൽ നിന്ന് സ്നേഹം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട മറ്റൊരാൾക്ക് എനിക്ക് ശക്തി തരാൻ സാധിക്കുന്നതിന് കാരണം അവരുടെ മനസ്സുള്ളത് കൊണ്ടാണെങ്കിൽ ആ മനസ്സിനെ നിലനിർത്തുന്നതൊരു അതെന്നിലുണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളിൽ നിന്ന് ശക്തി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഇപ്പൊ നിങ്ങളൊക്കെ ദുർബലരാണോ എന്നാ ഉറപ്പു പറയൂ ദുർബലരാണോ അല്ലയോ പറയാനെങ്കിലൊരു ധൈര്യം വേണ്ടേ അടുത്ത ആളെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് ഞാൻ ദുർബലല്ല എന്ന് അപ്പൊ ഞാനൊന്ന് ഞാനൊരിക്കലും ഒരു ദുർബലല്ല ഒരിക്കലും ഞാൻ മറ്റൊരാളിന്ന് സ്നേഹം പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നമ്മളെവിടെ വിതരണം ചെയ്യും ഇതെവിടെ പങ്കുവയ്ക്കും അതാണ് ഭഗവാൻ പറയുന്നത് ഇതിനെ യജ്ഞഭാവനയോടുകൂടി നിങ്ങൾ യജ്ഞഭാവനയോടുകൂടി നിങ്ങൾ സ്വീകരിക്കാൻ പഠിക്കുന്നു ഇതിനെ പറയുന്ന പേരാണ് പ്രസാദ ബുദ്ധിയിൽ എന്താ പറയാ രണ്ടാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല ആ ശ്ലോകം അത് മനസ്സിലാക്കി വയ്ക്കണം രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് തിരിയോധ്യായത്തില് അറുപത്തിയഞ്ചാമത്തെ ശ്ലോകം നിരസ്യോപചായ പ്രസന്നചേത സോഖ്യാശൂ ഷ്ട എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് പ്രസാദേ ഏത് ബുദ്ധി സ്വീകരിക്കണം അത് പറഞ്ഞ് ശീലിക്കണം എന്ത് വന്നാലും പ്രസാദമാണ് അപ്പൊ നമുക്ക് ആ വിഷമങ്ങൾ പറയാനുള്ള ആ ഒരു ടെൻഡൻസി കുറയും ഇത് ഭഗവാന്റെ പ്രസാദമാണ് നിങ്ങൾ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു കിലോ പഴം വാങ്ങിച്ചു എന്നിട്ട് നിങ്ങൾ പൂജാരി ഏൽപ്പിച്ചു അയാളെ പൂജിച്ചിട്ട് നിങ്ങൾക്കൊരു പഴയ തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്തുകൊണ്ടല്ലാത്ത നിങ്ങളത് ഭഗവാന് ഭേദിക്കാൻ കൊടുത്തിട്ട് തിരിച്ചു തരുമ്പോ അത് തന്നാലും കുറച്ച് തന്നാലും നിങ്ങളതിനെ ഒരു പ്രസാദ ബുദ്ധി എന്നാ നിങ്ങൾ ഒരു കിലോ പഴത്തിന് കാശ് കൊടുത്തിട്ട് ഒരു പഴയേ തന്നുള്ളൂ എങ്കിലോ പ്രസാദ ബുദ്ധി വരുമോ കാരണം അവിടെ ഞാൻ കാശ് കൊടുത്തിരിക്കുകയാണ് മറ്റത് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് അല്ലെ ആ വ്യത്യാസം നോക്കും നിങ്ങൾ നമ്മൾ സമർപ്പിക്കും തോറും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും നമ്മളത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വയ്ക്കും തോറും നമ്മൾ കണക്ക് പറയാൻ തുടങ്ങും അപ്പൊ നമ്മൾ സ്നേഹത്തിന് പോലും കണക്ക് പറയുന്നതിന് കാരണം ഞാനിതൊക്കെ ചെയ്യുന്നു എന്നുള്ള കണക്ക് നിങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് ആ ക്രെഡിറ്റ് വയ്ക്കുന്നതുകൊണ്ടാണ് ഹേരമറിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഞാൻ തരുന്നു എന്നുള്ള ഭാവമുണ്ടോ അതിനെ ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നു ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ എന്തു വന്നാലും അത് ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ സമാധാനിപ്പിക്കുക നമ്മുടെ വിഷമങ്ങളെ തന്നെ സാന്ത്വനിപ്പിക്കുമ്പോ അതിനൊരു ധൈര്യമുണ്ട് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ മറ്റൊരാളിലൂടെ സാന്ത്വനിപ്പിക്കുമ്പോണ്ടല്ലോ നമ്മൾ വാസ്തവത്തിൽ ഉയരുകയല്ല ചെയ്യുന്നത് ഒന്നുകൂടി തളരുകയാണ് ചെയ്യുന്നത് നിങ്ങൾ സ്വയം മനസ്സിൽ പറഞ്ഞു നോക്കി എന്തെങ്കിലും വിഷമം വരുമ്പോൾ സാരല്ലി അത് ഭഗവാന്റെ പ്രസാദായിട്ട് സ്വീകരിക്കൂ എന്ന് മനസ്സിനോട് പറയുമ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സിന്റെ പ്രവണത നിങ്ങൾ കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ കുറയ്ക്കുകയാണ് ഇന്ന് മാത്രമല്ല അതിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി നിങ്ങളിൽ കൂടുകയാണ് നേരെ മറിച്ച് നിങ്ങൾക്കൊരു വിഷമം വരുന്ന സമയത്ത് സാരല്ലി കേട്ടോ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ സമാധാനിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് ആ ആശ്വസിപ്പിക്കുന്ന വ്യക്തി അങ്ങോട്ട് പോയല്ലോ വേറൊരാൾ വന്നിട്ട് പറയാണ് പോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ നിങ്ങൾക്കത് വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും മറ്റാളെ ഇച്ചിരി സമാധാനിപ്പിച്ച് പോയതായിരുന്നു അല്ലേ ഒരു ആ അമ്മയുടെ ഭർത്താവ് മരിച്ചെടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങൾ സമാധാനിക്കും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് വെച്ചിട്ട് തന്നെ കേമായില്ലേ അപ്പോ അതിനു വലിയ ട്രാജറി നീ സംഭവിക്കാനില്ല ഇതാണ് ലോകത്തിന് നമ്മളെ തളർത്താനും ലോകത്തിന് കുറച്ച് സമാധാനം തരാൻ സാധിക്കും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സാന്ത്വന വാക്കുകൾ പ്രതീക്ഷിക്കുമ്പോ അത് നമ്മളെ ഉയർത്തുകയല്ല ചെയ്യുന്നത് തളർ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കുമ്പോ അതിനെ യജ്ഞം എന്ന് പറയും അപ്പൊ ജീവിതം ഒരു യജ്ഞമാക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം അറിവ് നമ്മൾ ഗ്രഹിക്കുക എന്താ ഗ്രഹിക്കേണ്ടത് എന്നെ നിലനിർത്തുന്ന ശക്തി തന്നെയാണ് എല്ലാവരെയും നിലനിർത്തുന്നതെങ്കിൽ അവരിൽ നിന്നല്ല ഞാൻ പ്രതീക്ഷിക്കേണ്ടത് ആ ഭഗവാൻ എനിക്ക് എല്ലാ ശക്തിയും ധൈര്യവും സന്തോഷവും തരുന്നുണ്ട് ഇനി എവിടെ നിന്ന് എന്തെങ്കിലും ദുഃഖങ്ങളും വിഷമങ്ങളും വന്നാൽ അത് ഞാൻ ഭഗവത് പ്രസാദമായി സ്വീകരിക്കണം അപ്പൊ എന്റെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്ന അവസരങ്ങളായി നമ്മളതിനെ കണ്ടുകൊണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇതാണ് നമ്മൾ ജീവിതത്തിലൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കാതെ നമ്മൾ ജീവിതം നയിക്കുമ്പോഴാണ് വീടുകളിൽ അമ്മായിയമ്മ പോരും മറ്റെല്ലാ പോരും ഗീത കേട്ടിട്ടും കാര്യമില്ല നിങ്ങൾ കല്യാണം കഴിച്ചാലും നിങ്ങളെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താലും നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാലും അവനേക്കാളും പ്രതീക്ഷ നിങ്ങൾക്ക് വരും കാരണം മരുമകൾ വീട് നോക്കണം ഞാനുണ്ടാക്കിയ വീടാണ് എന്റെ വീടാണ് അവള് കൊണ്ടു നടക്കണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ ഭരിക്കാൻ തുടങ്ങുമ്പോ എന്താ ഉണ്ടാവുക എന്താ ഉണ്ടാവുക എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ആരാ പ്രശ്നം ഉണ്ടാക്കണത് അവളോ ഒരു പട്ടണത്തില് ഒരു സ്ട്രീറ്റിലുള്ള വീട്ടിലുള്ള ഒക്കെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന മരുമൾക്കൊക്കെ ഒക്കെ പ്രശ്നം ആ വീട്ടില് അമ്മായിയമ്മമാരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല എല്ലാവർക്കും പ്രശ്നം അമ്പലത്തിലെത്തിയാൽ പരസ്പരം ചോദിക്കും നിന്റെ അമ്മായിയമ്മ എന്ത് പറയണം ഓ അമ്മായിമ്മ ഇതിനെക്കുറിച്ചൊരു അക്ഷരം ചോദിച്ചു പോരുത് കാന്താരി രാക്ഷസി എന്നൊക്കെ പറഞ്ഞ അമ്മായിയമ്മയുടെ കുറ്റങ്ങൾ അപ്പൊ മറ്റാളോട് ഇരിക്കും നിന്റെ അമ്മായിമ്മും അത് അതിലും കണക്ക് ആ ഗ്രാമത്തിലുള്ള ആ പട്ടണത്തിലുള്ള എല്ലാവർക്കും പ്രശ്നം ഇവര് നോക്കിയപ്പോണ്ടല്ലോ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്ത പോലെ ഒരു പത്ത് മുന്നൂറ് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് അമ്മായിയമ്മമാരായിട്ട് പ്രശ്നം അപ്പൊ ഇവരൊരു മീറ്റിംഗ് വെച്ചു ആരുടെ അമ്മായിയമ്മമാരുടെയല്ല മരുമക്കളുടെ അങ്ങനെ അവർ പറഞ്ഞു നമുക്കെല്ലാവർക്കും പ്രശ്നമുണ്ട് നമ്മൾ അമ്മായി അമ്മമാരായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല കാരണം അവരുടെ സ്വഭാവമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിലൊരു അമീക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കണം ആരായിട്ട് അമ്മായി അമ്മമാരാട്ട് നമ്മൾ വേണ്ടത് കാര്യം ഈ അമ്മായിയമ്മമാരെ ഈ മീറ്റിങ്ങിന് ഞാൻ വരില്ല എന്ന് ഒരുത്തി പറഞ്ഞു പിന്നെ ഓരോരുത്തർ പറഞ്ഞു ഞങ്ങളില്ല മീറ്റിങ്ങിനൊന്ന് കാരണം അവർ വന്നിരുന്നാൽ ഞങ്ങളിരുന്നാൽ ശരിയാവില്ല എന്താ പ്രശ്നം എന്നെ വായോർക്കാൻ അവർ സമ്മതിക്കണ്ടേ അതുകൊണ്ട് അമ്മായിയമ്മമാരായിട്ട് അത്ര വേഗം അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല എന്നാലും അങ്ങനെയല്ല നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണം അമ്മായിയമ്മമാരായിട്ട് ഒത്തുപോകണം എന്നൊക്കെ പറഞ്ഞാൽ അവർ തീരുമാനമൊക്കെ എടുത്തു പിറ്റേ അമ്മായിയമ്മമാരുടെ മീറ്റിംഗ് അവരോട് വിളിക്കാൻ പറഞ്ഞു ഇവരൊന്നും പോയി വേണം ഇവർക്ക് പോവാനുള്ള ഒരു ധൈര്യമൊന്നും അതിലുണ്ടായില്ല അങ്ങനെ അമ്മായിയമ്മമാരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ മരുമക്കളോട് ഇങ്ങനെ കലഹിച്ചാൽ ശരിയാവില്ല ഇത്ര അധികം മരുമക്കളില്ലേ അതുകൊണ്ട് ഇവരോടൊക്കെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലൂടെ പോണം അതിനെന്താ വഴിയെന്ന് വെച്ചു അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ പ്രതിനിധി കൂടിയിരുന്നിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അമായമാരായിട്ടൊരു തീർത്ഥാടനം പോവാം ഒരു ക്ഷേത്രയിലേക്ക് നല്ല സ്ഥലമാണ് കാരണം ഇവിടെയാണ് നല്ല സ്ഥലമാണ് ഒരു തെരഞ്ഞെടുത്തത് അവരും അത് വേണ്ട ആ സ്ഥലം ശരിയാവില്ല എന്ന് കാരണം കലഹങ്ങളുടെ സ്ഥലമാണത് തമ്മിൽ തളിയ സ്ഥലമാണ് നമുക്ക് വേറെ എവിടെയൊക്കെ സ്ഥലത്തിൽ പോയി തുടങ്ങാം ഞാൻ എവിടെയാ തുടങ്ങുന്നത് എന്തിന് പറയുന്നു അവര് കൊടൈക്കനാലിലേക്ക് പോകാൻ നിശ്ചയിച്ചു അതാണല്ലോ ഏറ്റവും നല്ലത് നല്ലൊരു സ്ഥലത്തും തുടങ്ങാം അമീക്കബിൾ സെറ്റിൽമെന്റ് അങ്ങനെ ഇവര് യാത്രയൊക്കെ തിരിച്ചു നിശ്ചയിച്ചു ഒരു ബസ്സിൽ മുഴുവൻ അമ്മായിയമ്മമാരും മിക്സ് ചെയ്തിരിക്കുക പറഞ്ഞത് ഒരു ബസ്സിൽ മുഴുവൻ മരുമക്കളും ഇപ്പം അമ്മായിമ്മമാരിയ്ക്കുന്ന ബസ്സിൽ ഒരു മരുമകളും പോയിരുന്നില്ല ആദ്യമൊക്കെ പറഞ്ഞു ഞാൻ പോയിട്ടിരിക്കുക എന്നൊക്കെ പോയ പോക്കിൽ ഇങ്ങോട്ട് തന്നെ പോകുന്നു ശരിയാവില്ല അവിടെ ഇരുന്ന് ശരിയാവില്ല ജ്യൂസ് പിഴിയുന്ന പോലെ പിഴിഞ്ഞവര് തന്നെയെന്ന് വേണ്ട നമുക്ക് അവിടുന്ന് തുടങ്ങാൻ മിക്സ് ചെയ്യലേ ഇനിയിപ്പനിയിപ്പിങ്ങനെ തന്നെ പോട്ടെ അമ്മായിമ്മമാര് വേറി വേറെ അങ്ങനെ മരുമക്കൾ ബസ്സിൽ അവര് പാട്ടും കൂത്തുമായിട്ട് പോകണം അമ്മായിമ്മമാര് പിന്നെ മുഖത്തോട് മുഖം നോക്കിയിട്ട് മരുമക്കളുടെ കുറ്റവും പറട്ടെ അവധിയിരിക്കണം അവരൊരു കഷ്ടകാലം നോക്കണേ ഈ കൊടൈക്കനാലില് കംപ്ലീറ്റ് ഹെയർ പിന്നുകളാണ് ആദ്യത്തെ ഹെയർ പിന്നിൽ തന്നെ ബ്രേക്ക് ഡൗൺ ആയി വണ്ടി ആരുടെ അത് നേരെ പോകുന്നത് നാനൂറടി താഴോട്ട് മരുമക്കളുടെ ബസ് അവിടെ നിൽക്കണു അമ്മായിമ്മമാരൊക്കെ പോയി എന്ന് കേട്ടോ കരയാൻ തുടങ്ങി പോയല്ലോ എന്റെ അമ്മ ഇനി എനിക്ക് ഇതുപോലെ അമ്മ ഇനി എവിടുന്ന് കിട്ടും എല്ലാവരും പരസ്പര മുഗ്രഹം കരച്ചില് ഒരു പെൺകുട്ടി മാത്രം ഭയങ്കര കരച്ചിലെന്നാണ് ഭയങ്കര കരച്ചില് അവളുടെ കരച്ചിലൊരു അവസാനമില്ല എല്ലാരും പറഞ്ഞു ഞങ്ങളുടെ അമ്മയും പോയിട്ടുണ്ടല്ലോ നിനക്ക് മാത്രം ദുഃഖം എന്നാലും എന്നോട് ഈശ്വരൻ നീ ചതി എന്ന് അപ്പം അമ്മായിയമ്മയെ മാക്സിമം തിരിഞ്ഞു കുത്തിയിട്ടുള്ള അവളാവള് അപ്പൊ നിന്റെ അമ്മ മരിച്ചതിന് നിനക്ക് എന്തെത്ര സങ്കടം ഞങ്ങൾക്കൊക്കെ സങ്കടം ഉണ്ടല്ലോ നീ എന്തിനാ അത്ര അപ്പോഴല്ലേ അവള് പറയുന്നത് എന്റെ ഭർത്താവിന്റെ ഫോൺ വന്നിരിക്കുന്നു എന്താ ഫോൺ എന്റെ അമ്മായി ബസ് കയറിയില്ല അത്ര അവർക്ക് ആ ബസ് മിസ് ആയിരിക്കുന്നു അപ്പം മരിച്ചതിനുള്ള ആ ബസ് മിസ്സായില്ല ാണ് സത്യം നമ്മൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം നമ്മൾ അനാവശ്യമായി ഗീതൊക്കെ പഠിച്ചാൽ ഒരാളുടെ ജീവിതത്തിലും ഇടപഴകാൻ നാം പ്രതീക്ഷ വെക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ പ്രതീക്ഷ കഴിയുന്നതും കുറയ്ക്കുക അവരവന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക അതിന്റെ അർത്ഥം ഉത്തരവാദിത്വം മാറുക നല്ല അർത്ഥം ഉത്തരവാദിത്വങ്ങളെ ഈശ്വരൻ തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയായി ചാൻസസായി ചെയ്തുകൊണ്ട് അതൊക്കെ നിറവേറ്റുകയും വേണം എന്നാൽ നാം നമ്മുടെ മനസ്സിനെ ഉയർത്തുകയും വേണം ഈ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ പറയും സന്യാസ കർമ്മ ജീവിതം സന്യാസവുമുണ്ട് നിങ്ങൾ കർമ്മഫലം ത്യാഗം ചെയ്യുന്നതോടെ നിങ്ങൾ സന്യാസികളായി തേർന്നു എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാത്തതുകൊണ്ട് അതിനെ കർമ്മസന്യാസം എന്ന് ഭഗവാൻ വിളിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയൊരു ജീവിതം നമ്മൾ നയിക്കാൻ തുടങ്ങുമ്പോഴല്ലോ നാം മാനസികമായി ഉയരാൻ തുടങ്ങും നമ്മുടെ പൂർവികന്മാരൊക്കെ ഉണ്ടല്ലോ അറിവൊക്കെ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തുനിന്ന് അവർ സ്ഥലം വിട്ടു അവരരിൽ നിന്നൊന്നും പ്രതീക്ഷ വെച്ച് പോകുന്നില്ല പ്രതീക്ഷ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടാത്തതിൽ വേദനിക്കും കൂടുതൽ കിട്ടിയാൽ സന്തോഷിക്കും മനസ്സങ്ങനെയാണ് അതിന് സമ്മതിക്കരുതെന്ന് പറയാം അഞ്ചാമത്തധ്യായം ഫിഫ്ത് ചാപ്റ്റർ ഓം നമോ ഭഗവേ വാസുദേവാ ശ്രീകൃഷ്ണ പരമാത്മന അത പഞ്ചമധ്യ അർജുന ഉവാച സമണ പുനർഗം ചംസസിൽ ശ്രേയേതയോ അന്മേ ബ്രൂഹി സുനിശ്തംഭവാച സമയോ നിശ്രേയക്കര ഉഭ തയോസ്തു കർമ്മസോ വിശിഷ്യത്തെ ജേയ നിധ്യസീ ോ നീന കാക്ഷീ നിർദ്വോ ഹി മഹാബാഹോന് പ്രച്യത സാങ്കോ പൃതക്ല പ്രവദമ ി സമ്യ ഉപയോർവിന്ദ ഫലം ഖ്യേ പ്രാപ്യത്തെ സ്ഥാനം അദ്യോഗൈരഭിഗമ്യതം സാഖ്യം ചോദം ച പശ്യതി സശ്യതിന്യാസസ്തു മഹാബാഹോ ദുഃഖമാനിബ്രഹിരേധിഗതി യോഗയുക് വിജിത്മാജിന്ദ്രിഭൂതത്മഭൂത നൈചിൽ കീതി യുക്തോ മയേത തശ്യൻ ശൃൻ സ്പശൻ ജിഗ്രൻ അശ്നൻ ഗൻ സ്പശൻശസൻ പ്രലഭൻ വിസജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷന്ന ണീന്ദ്രിഷ വാരയൻ ബ്രഹ്മണ്യർമാണി സ്യക്യാ ലിപ്യത സാപേന സത്മപത്രിബാബസുദ്ധ്യവലൈന്ദ്രിരപോന കമ്മ കുന് സങ്കം തയ്യാത്മശുദ്ധേ യുക്തക തൃക്വാ ശാന്തിമാണോതി നൈഷ്ടീ അയുക്േണ फले सक्तो നിബധ്യത്തെ मनसा സന്യസുഗം വശീ നവദ് പുരേ നൈ കുറന്ന ലോക സൃജതി പ്രഭൂ നമ്മഫലംയോ സ്വഭാവസ്തു പ്രവർത്ത നദസ്േകിപ്പം നവസുഗം വിഭോ അജ്ഞാനേനാവൃതം ജ്ഞാനം ുഹ്യന്തിേഷം നാശിതമാത്മന തതിവജ്ഞാന പ്രകാശയതി തൽപ്പരം സത്ബുദ്ധയസ്താത്മാന തന്നയണപരാവൃത്തിനർൂതകൾമാ വിദയാവിനയസമ്പ ബ്രാഹ്മണേ ഗഹസ്തി ശുനീച്ചൈകേച്ച പണ്ഡിതസമദർശി ഇഹൈബതജിത സർഗോ എാ സാമീസ്തി നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാ്രഹി തേ സ്ഥിത നഷ്യേത് പ്രിയം പ്രാപ്യ നോട്ടി ചേത് പ്രാപ്യ ചായം സ്ഥിരബുദ്ധിരം മൂഢ ബ്രഹ്മവി സ്ഥിരാ ബാഹ്യസ്പർശേഷ സാത്മാ വിത്മനിഖം സബ്രഹ്മോകുക് സുഖമക്ഷയമസ്തു േ സംസ്വർജാ ഭാ ദുഃഖയോനയേ ആദ്യോന്ദേയാൂരമദേ ശക്തിഹൈഭയ സോടം ീരവിമോക്ഷണ ആമ കോധോദ്ഭവം വേഗം സയുക്ത സസുഖീനരാ യോന്തര രാമ തജ്യോതിരേവ സയോഗീ ബ്രഹ്മ നിർബണ ബ്രഹ്മബോധോധിഗതി ലഭന്തി ബ്രഹ്മനിർവാണ ഋഷയക്ഷീണകൾമഷത്വൈതാത്മാന ൂതഹിതേരഥ കമകോധവിയുക്ത യദീനം യദേതസിതോ ബ്രഹ്മേവാണു വർത്ത വിത്മന സ്കൃ്യൻ ചക്ഷു ചുശവാമോ കൃത്യാഭ്യന്തരചാരിണോ ഇതേന്ദ്രിമനോ ബുദ്ധി മുനിമോക്ഷയണ വിഗദേശാഭയോധോ സദാ മുരംയജ്ഞതപോകമഹേശ്വര सुखदं സർഭൂത ജാ മാം ശാന്മച്ചതി ഓ योगशास्त्रे ഉപനിഷവിദ്യോസ്ജുനസംവാ കർമ്മസന്യാസയോഗോ നാമാ പഞ്ചമോധ്യായ അഞ്ചാമത്തെ അധ്യയത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോ ഭഗവാൻ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് കർമ്മസന്യാസ യോഗമാണ് കർമ്മത്തെ ത്യാഗം ചെയ്യാൻ ഭഗവാൻ പറയുകയാണ് ഇവിടെ കർമ്മത്തെ ത്യാഗം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഭഗവാൻ പഠിപ്പിക്കുന്നത് െടുക്കുന്നു അതുപോലെ തന്നെ ശരീരത്തിൽ പല പ്രക്രിയകൾ നടക്കുന്നു ഇതിലൊന്നും നമ്മൾ ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം നമുക്ക് ഇല്ല ഉണ്ടോ ശ്വസിക്കുന്നതിൽ ഞാൻ ശ്വസിക്കുന്നു എന്ന് പറയാറുണ്ടോ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതുപോലെ ഈ ശരീരം ഉള്ളോർത്തളം കാലം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കർമ്മങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം വെറുതെ ഇരിക്കാൻ നമ്മളെ സമ്മതിക്കരുതെന്ന് മനസ്സിനെയും ശരീരത്തെയും വെറുതെ ഇരുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് രോഗങ്ങൾ തരും പഴയ മുത്തശ്ശിമാരെയൊക്കെ കണ്ടിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ ഓരോ പ്രവൃത്തികളിൽ ഏറ്റുകൊണ്ട് ഏർപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക അവനവനെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ ജീവിക്കുമല്ലോ ഈ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ചതൊക്കെ നിങ്ങൾക്ക് കാണാം ചില ആളുകൾക്ക് അതിനൊക്കെയുള്ളൊരു ബുദ്ധിയുണ്ട് അടുക്കളയിൽ പോയി കുറച്ചു നേരം സഹായിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ അവനവന്റെ കാര്യം അല്ലെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്ന ആണുങ്ങളായാൽ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ വീടൊക്കെ പൂജാമുറിയൊക്കെ വൃത്തിയാക്കി അതൊക്കെ പൂജ ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ സോഷ്യൽ കാര്യങ്ങളിൽ ഇടപെട്ടു അമ്പല കാര്യങ്ങളിൽ ഇടപെട്ടു അവനെ കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് കാര്യത്തിലേക്ക് നോക്കി ഇങ്ങനെ തന്നെ കൊണ്ട് പറ്റുന്ന വല്ല സേവനവും ചെയ്തുകൊണ്ട് എന്നിട്ട് അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പം കർമ്മ കർമ്മത്തെപ്പോലും നമുക്ക് സന്യസിക്കാം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വളരെ ശ്രദ്ധിക്കണേ ഭഗവാൻ ഈ പറയുന്നത് നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു തോന്നൽ നമുക്കത് ഉറയ്ക്കും ഇപ്പൊ നിങ്ങളുടെ അടുക്കളയിൽ വേറൊരാൾ കയറിയാൽ നിങ്ങൾ യുദ്ധം ഉണ്ടാക്കും എന്തുകൊണ്ട് ഇനിയിപ്പോ നിങ്ങൾ പോയാൽ നോക്കിക്കോളൂ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു രണ്ടു ദിവസത്തേക്കുള്ള കുരുക്ഷേത്ര യുദ്ധമൊക്കെ സ്കോപ്പൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കും നിങ്ങൾ ഞാനത് അവിടെ വയ്ക്കുന്നതാണ് അപ്പോഴേക്കും ആസ്വദിച്ചത് ഇവിടുത്തേക്ക് മാറ്റി നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറെ ചീത്ത പറഞ്ഞ് ഇതിനെ കുറെ ചീത്ത പറഞ്ഞ് ബഹളങ്ങൾ ഉണ്ടാക്കും കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതതുപോലെ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ നമുക്കൊരു ഒരു വിഷമം ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കലിന് നമുക്ക് ഈ പൂവൻ കോഴിയുടെ ബുദ്ധി അത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് എന്താണ് അത്ര ബുദ്ധി ഞാൻ കൂവിയാലേ സൂര്യൻ വരുള്ളൂ എന്നുള്ളൊരു ധാരണ പൂവൻ അങ്ങനെ ഒരു ധാരണ നമുക്കുമുണ്ട് ഞാനില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ വല്ലതും നടക്കുമോ എന്നുള്ളത് ഈ ഒരു ഉടമ എന്താണെങ്കിൽ പറയാം അവകാശവാദം അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ മാറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും അത് നമ്മുടെ ആ ഒരു ജീവിതത്തിന് രസം വേറെയായിരിക്കും എളുപ്പമല്ല ഈ പറയുന്നതൊക്കെ കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തെ ഒരു സുപ്രഭാതത്തിലൊന്നും മാറ്റിയെടുക്കാൻ സാധ്യല്ല ഒരു പക്ഷേ നമുക്കൊരു പട്ടിയുടെ വാല് നിവർത്താൻ സാധിച്ചേക്കാം എന്നാലൊരു മനുഷ്യന്റെ സ്വഭാവത്തെ അങ്ങനെയൊന്നും മാറ്റാൻ സാധിച്ചു എന്നുമില്ല ഈ ബ്രഹ്മ സരോവറിൽ ഇറങ്ങുമ്പോൾ വഴുക്കലുള്ളതുപോലെയാണ് ഏറെക്കുറെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ കുറേ കാലം ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ അതിന് വഴുക്കൽ പിടിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ സംസ്കാരത്തെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നാം ചെയ്യുകയും വേണം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അത് മാറി നിൽക്കാനുള്ളൊരു കഴിവ് ഞാനുള്ളതുകൊണ്ട് ഇത് നടക്കുള്ളൂ എന്നുള്ളതല്ല മറ്റുള്ളവർ ചെയ്യുന്നതിനെ പോലും ഒരു പക്ഷെ ശരിയാവില്ല എങ്കിലും അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ് അങ്ങനെയാണ് ഈ നമ്മുടെ സംസ്കാരം നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത് ശരിക്കുണ്ടല്ലോ പണ്ടുകാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു വീട്ടിലെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ പഴയ അമ്മമാരൊക്കെ എന്താണ് അത്ര താക്കോൽ കൂട്ടം അവളെ ലഭിക്കും എന്നിട്ട് അവളെ ട്രെയിൻ ചെയ്തെടുത്ത് എടുക്കും എങ്ങനെയൊക്കെയാണ് കൊണ്ടു അവൾ ഒരിക്കലും ട്രെയിനിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ ജോലി കൂടുതൽ കൂടുതൽ ഭഗവത്കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കല്ലേ ഭരുന്ന പണ്ടത്തെ കാലങ്ങളിൽ ആളുകൾ കാശിയിൽ പിന്നെ അവസാന കാശിയിലൊക്കെ പോവുക തീർത്ഥാടനത്തിന് പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ ഇന്നൊന്നാമത് മരുമകൾ ആദ്യം വീട്ടിലില്ല അവൾക്കറിയാം അവളെ അവർ ഒഴിക്കാക്കുന്ന കാലം മാറി കോലവും മാറി നമ്മൾ ജീവിതമൊക്കെ മാറി ഇന്നിപ്പോൾ നമ്മൾ ഏതൊരാളോ വീട്ടിലുണ്ടാവുക എന്ന് കരുതിയത് അവരൊന്നും വീട്ടിലില്ല അവരൊക്കെ പുറത്തുപോയി അപ്പൊ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിന് ഇതിനോടൊക്കെയുള്ള ഒരു ഉടമസ്ഥാവകാശം ഇതൊക്കെ ഞാനുണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നുള്ളൊരു ചിന്തനം നമ്മുടെ മനസ്സിനെ പിടികൂടും അതുകൊണ്ട് അതിൽ നിന്നും മനസ്സിനെ എടുക്കണമെന്ന് അഞ്ചാമത്തെ അധ്യായത്തിലൂടെ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ അവിടെ പറയും ഭഗവാൻ ജഹി ഏവം ബുദ്ധേ പരം ബുദ്ധ സംസഭ്യാത്മാനമാത്മാന ജഹി ശത്രു മഹാബാഹു കാമരൂപം ദുരാസതം കാമരൂപം എന്ന് പറഞ്ഞാൽ അർത്ഥം അമിതമായ ഒന്നിനോടുള്ള ആസക്തി അല്ലെങ്കിൽ ഒട്ടലിനെയാണ് കാമരൂപം എന്ന് പറയാം ഒന്നിനോടും ഒട്ടിപ്പിടിക്കാൻ ആരെ സമ്മതിക്കരുത് നിങ്ങൾ ഒട്ടിപ്പിടിച്ചോ എന്താ കുഴപ്പം നിങ്ങൾ വീടിന്റെ കാര്യത്തിൽ അമിതമായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചാൽ എന്താ കുഴപ്പമെന്നറിയോ അതിന്റെ സംസ്കാരങ്ങളെല്ലാം എവിടെ അടിഞ്ഞുകൂടും എന്താ സംസ്കാരം അടിഞ്ഞുകൂടിയതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താ ഒരു കുഴപ്പമുള്ളത് നിങ്ങൾക്ക് തോന്നണ്ട കുഴപ്പമില്ല എന്താ കുഴപ്പം ഈ സംസ്കാരങ്ങളാണ് ഇനിയും ഒരു ജന്മമെടുക്കാൻ ഇനിയും ഒരു കല്യാണം ഇനിയും വീട് വെക്കണം ഇനിയും അത് നടക്കണം ഇതിനൊന്നും ഒരു അവസാനമില്ല ഇപ്പൊ നമ്മുടെ ജീവിതത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് പകരം വീണ്ടും ആവർത്തിച്ചു തന്നെ പുനരഭിജനനം പുനരഭിമരണം ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു പ്രിയ അതുകൊണ്ട് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു എന്ത് എന്താ ഓർമ്മിപ്പിക്കുന്നത് കർമ്മങ്ങൾ ചെയ്താൽ അതിലൊട്ടിപ്പിടിക്കാൻ മനസ്സിന് സമ്മതിക്കും നേരത്തെ പറഞ്ഞത് എന്താണ് നാലാം ധ്യയത്തിൽ ഏ നാലാം അധ്യായത്തിൽ എന്താ പറഞ്ഞത് ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും വേണം എന്നാൽ ആരിൽ നിന്നും പ്രതീക്ഷ വയ്ക്കാതെ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കാൻ സാധിക്കുമ്പോൾ നിങ്ങൾ കർമ്മവുമായി സന്യാസവുമാണ് ഇവിടെ പറയുന്നു ചെയ്യുകയും വേണം എന്നാൽ ചെയ്താൽ തന്നെ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്നും മനസ്സിനെ അടർത്തിയെടുത്തോളണം മനസ്സിലായില്ലേ മ മനസ്സിനെ നമ്മൾ അടർത്തിയെടുത്തോളാം ഒന്നിലും ഒട്ടിപ്പിടിക്കാൻ അപ്പൊ നമ്മുടെ ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരാൾ പറയുകയാണെങ്കിൽ ഉടനെ പറഞ്ഞോളണം എന്ത് നിങ്ങൾ ചെയ്തോളൂ പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് മെച്ചൂർ ആയി അതല്ല ഞാൻ തന്നെ ചെയ്തോളാം ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ നീ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിൽ പെട്ടുകഴിഞ്ഞാൽ പറയും ഇതൊക്കെ നമ്മൾ മെച്യൂരിറ്റിയാണ് മെന്റൽ മെച്യൂരിറ്റി പറയും